ട്ടെ പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ചയും നമുക്ക് ഒന്നിച്ചു കൂടാനും ദൈവവചനം പഠിപ്പാനും ദൈവം ഇങ്ങനെ സാവകാശമായ സമയം തന്നല്ലോ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന ഔഗോസ്ത്യോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു ഇവിടെ ലോകത്തെ ആയിരുന്ന യഹൂദ നാട് ഉൾപ്പെടെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്ന കൈസർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്താ നമുക്ക് എല്ലാവരും പേർവഴി ചാർത്തണം പേർവഴി ചേർത്തണമെങ്കിൽ അന്നത്തെ രീതി അവരവർ അവരവരുടെ പട്ടണത്തിലേക്ക് പോകണം അങ്ങനെ ജോസഫ് ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് മറിയോടുകൂടി നസ്രേത്ത് പട്ടണം വിട്ട് ഗലീലയിലെ നസ്രയത്ത് പട്ടണം വിട്ട് യഹൂദയിലെ ഭേദളഹേമിലേക്ക് പോയി എന്നാണ് അവിടെ മൂ രണ്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ കണ്ടോ ഇവിടെ യേശു ജനിക്കേണ്ടത് എവിടെയാണ് വേദലഹേമിലാണ് ജനിക്കേണ്ടത് വേദലഹേമിൽ ജനിക്കണമെന്ന് പഴയ നിയമത്തിൽ മീഘായുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹൂദിയാദേശത്തിലെ ഭേദലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും ഈ നിലയിൽ മീഹായുടെ പ്രവചനത്തിൽ വളരെ വ്യക്തതയോടുകൂടെ യേശു എവിടെ ജനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു വേദലഹേമിൽ ജനിക്കണം വേദലഹേമെ നീ ഒട്ടും ചെറുതല്ല നീ അവിടെ ആണ് ജനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു കൃത്യമായിട്ട് അവിടെ ജനിക്കണം ഈ കാര്യം നമ്മൾ മീഖായുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചപ്പോൾ അന്ന് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ ഹേരോദാവു രാജാവിൻ്റെ കാലത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹേരോദാവ് രാജാവ് അത് കേട്ട് ഭ്രമിച്ചു എന്നിട്ട് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ഇങ്ങനെ ഒരു മഷിഹ എവിടെയാണ് ജനിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ തിരുവഴുത്ത് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ആ ന്യായ പ്രമാണമെല്ലാം വിടാതെ പഠിച്ചിരുന്ന ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അവിടെ കൃത്യമായിട്ട് മീഖ അഞ്ചിൻ്റെ രണ്ട് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അവൻ തീർച്ചയായിട്ടും വേദലഹേമിലാണ് ജനിക്കേണ്ടത് എന്ന് ഹേരോദാവിനോട് പറയുന്നതൊക്കെ നമ്മൾ മത്ത എഴുതിയ സുവിശേഷൻ രണ്ടാമധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നോക്കുക കർത്താവായ യേശു ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചനമുണ്ട് താനെ ബേദൽഹേമിലാണ് പക്ഷേ നസ്രത്തിലുള്ള ജോസഫും മറിയയും തീർച്ചയായിട്ടും പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ അവിടെ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള ബേദലഹേമിൽ വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല പക്ഷേ ആ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്തത് ആഗോസ്തോസ് കൈസറുടെ മനസ്സിൽ ദൈവം തോന്നിച്ചത് കൃത്യമാ സമയത്ത് തന്നെ പേർ വഴി ചേർത്താൻ എല്ലാവരും പോകണം എന്നൊരാജ്ഞ പുറപ്പെട്ടത് പ്രിയപ്പെട്ടവർ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തെ പല കാര്യങ്ങൾ പല കാര്യങ്ങളും പെട്ടെന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ മനസ്സിൽ അധികാരികളുടെ മനസ്സിൽ ഇന്ന പോലെ ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൽപ്പനകൾ വരുന്നു പക്ഷേ ആ അധിപതികളുടെ ഹൃദയത്തിൽ ആ നിലയില് തോന്നൽ കൊടുക്കുന്ന രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തിമാരുടെ ചക്രവർത്തി എല്ലാറ്റിനെയും ഭരിച്ച് നിയന്ത്രിക്കുന്ന കർത്താവ് ആ ദൈവമാണ് ഇവരുടെ ഹൃദയങ്ങളിൽ ആ നിലയില് ആ ഒരു തോന്നൽ കൊടുക്കുന്നത് നമ്മൾ സദശ്യവാക്യത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ രാജാക്കന്മാരുടെ ഹൃദയം അവൻ്റെ കൈകളിൽ നീർത്തോട് സമാനം ഇഷ്ടമുള്ള ദിക്കിലേക്ക് അതിനെ ചായ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ കൈസർ ചക്രവർത്തിയുടെ ഹൃദയത്തെ ദൈവം ആ സമയത്ത് ഇങ്ങനെ ഒരു പേർവഴി ചാർത്താനായിട്ട് അങ്ങനെ ഒരു തോന്നൽ കൊടുക്കുന്നു കൃത്യം ആ കൈസർ അങ്ങനെ ആജ്ഞ പുറപ്പെടുവിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ജോസഫും മറിയും ഗർഭിണിയായ മറിയ ഇത്രയും ദീർഘദൂരം നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് അവരെ അങ്ങനെ യാത്ര ചെയ്ത് വന്നത് ഇങ്ങനെ ഒരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല ഈ നൂറ് കിലോമീറ്റർ ഒരുപക്ഷെ ഒരു കഴുതയുടെ പുറത്തോ മറ്റോ ആയിരിക്കണം ഈ പൂർണ്ണ മറിയ സഞ്ചരിക്കേണ്ടത് സാധാരണയാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല പക്ഷേ ചക്രവർത്തിയുടെ കൽപ്പന കല്ലെ പിളർക്കും അതനുസരിക്കാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം അവർ ഇറങ്ങി പുറപ്പെട്ടു അതുകൊണ്ട് ബേദൽഹേമിൽ കൃത്യത്തിന് എത്തുകയും അവിടെ വെച്ച് പ്രസവം നടക്കുകയും ചെയ്തു ഞാൻ നോക്കി ഇതിൽ പാഠം രാജാക്കന്മാരുടെ ഹൃദയം എന്താ ദൈവത്തിൻ്റെ കൈകളിൽ നീർത്തോട് സമാനമാണ് ഇന്നും പല കല്പനകളും പല ഉത്തരവുകളും ഈ ലോകത്തെ ഭരണാധികാരികൾ പുറപ്പെടുവിക്കുമ്പോഴും അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിന് തൻ്റെതായ ഒരു ഉദ്ദേശമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ അവർ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നോക്കുക അതിൻ്റെ അവിടെ ഇടയന്മാർ ഇടയന്മാർ യേശുവിനെ കാണാനായിട്ട് ചെല്ലുന്ന കാര്യം സംബന്ധിച്ച് ദൂതന്മാർ അവരോട് അറിയിക്കുന്നു ഭയപ്പെടേണ്ട ആ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾ ദാവീദിൻ്റെ പട്ടണത്തിൽ ചെന്ന് കുഞ്ഞിനെ കാണാനായിട്ട് ദൂതന്മാർ ഇടയന്മാരോട് പറയുന്നു എന്നിട്ടതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്നാ പറഞ്ഞു ലൂക്കോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് അപ്പോൾ യേശുവിനെ കാണാനുള്ള അടയാളം എന്താ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശു ശീലകൾ ചുറ്റുക എന്ന് അന്ന് ഈ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ അവരെ ഏതാണ്ട് കണ്ണൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം തുണികൊണ്ട് ചുറ്റി കെട്ടി ഇടുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എ സ്കേലിൻ്റെ പുസ്തകം പതിനാറിൻ്റെ നാലിലൊരു സൂചനയുണ്ട് നിൻ്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിൻ്റെ പൊക്കൾ കൂടി മുറിച്ചിട്ടില്ല നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെളിപ്പാക്കിയില്ല ഉപ്പ് തേച്ചില്ല തുണി ചുറ്റിയതുമില്ല അപ്പം തല മുതൽ ഏകദേശം കണ്ണൊഴിച്ചു ബാക്കിയെല്ലാ ഭാഗങ്ങളും ചേർത്ത് ഒരു മമ്മി പോലെ കുഞ്ഞിനെ ചുറ്റി കിടത്തുന്നതായിരുന്നു യഹൂദന്മാരുടെ രീതി ഈ ചുറ്റുന്ന തുണി ആ നിലയിൽ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല വില കൂടിയ തുണികൊണ്ട് സാമ്പത്തികമുള്ളവർ ചുറ്റും പാവപ്പെട്ട ആളുകൾ സാധാരണ ശീല കൊണ്ട് ചുറ്റും ഇവിടെ ഇതാ യേശുവിനെ ഉള്ള തിരിച്ചറിയാനുള്ള ആ നിലയിലെ ദൂതന്മാർ കൊടുത്ത രണ്ടടയാളം ഒന്ന് ശീലകൾ ചുറ്റി രണ്ട് പശു തൊട്ടിയിൽ കിടക്കുന്നു ഇതാരായി കിടക്കുന്നത് ഓ നമ്മളെ ഫീർ ലേഖന ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വായിക്കുമ്പോ എഫ് എ സിർ ഒന്നിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതേ ഇരുന്ന് സർവത്തെയും കാൽ കീഴാക്കി സർവത്തിനും മീതെ തലയായിരിക്കുന്ന കർത്താവാണ് അങ്ങനെയുള്ള കർത്താവാണ് ഇപ്പോഴേ ഒരു ശിശുവിനെ പോലെ ശിശുവായിട്ട് ഈ നിലയില് ഇവിടെ കിടക്കുന്നത് എന്ന് തന്നെയല്ല അവിടുത്തെ രണ്ടാമത്തെ തിരിച്ചറിയാനുള്ള ലക്ഷണം എന്താ പശു തൊട്ടിയിൽ ഇത് രണ്ടും കൊലോസിലേന ഒന്നിൻ്റെ പതിനഞ്ച് പതിനെട്ടിലും കർത്താവ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും കർത്താവ് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ വലിയവനായ ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ ഏർ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവായിട്ടാണ് താന് വന്നത് കാര്യം നമ്മൾ ഓർക്കണം അവിടെ കർത്താവ് യെ കുറിച്ച് ജയൻ ഡാർ ബി എന്ന് പറയുന്ന ദേവദാസൻ ഒരു പ്രസിദ്ധമായ സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പശു തൊട്ടിയിലാരംഭിച്ചു ക്രൂശലവസാനിച്ചു ഇടയ്ക്ക് അവിടുത്തേക്ക് തല ചായ്ക്കാൻ ഒരിടമില്ലായിരുന്നു പശു തൊട്ടിയിലാരംഭിച്ചു ക്രൂശലവസാനിച്ചു ഇടയ്ക്ക് തല ചായ്ക്കാൻ ഇടമില്ലാത്തവനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവിനെ തിരിച്ചറിയാനായിട്ടുള്ള രണ്ടടയാളങ്ങളും ശീലകൾ ചുറ്റി പാവപ്പെട്ട കുടുംബമാണെങ്കിൽ സാധാരണ തുണി കൊണ്ടാണ് ചുറ്റുന്നത് അതുപോലെ തന്നെ പശു തൊട്ടിയിലാണ് കിടപ്പ് അങ്ങനെ ഒരു കുഞ്ഞും വേറെ ലോകത്ത് അങ്ങനെ കിടന്നിട്ടുണ്ടാവുകയില്ല പക്ഷെ ഈ രണ്ട് ദരിദ്രമായ അവസ്ഥയിലും കർത്താവ് കിടക്കുമ്പോൾ ആ കർത്താവ് എന്താ സകലത്തെയും സൃഷ്ടിച്ചവനും എല്ലാ അധികാരത്തിനും ആ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ ഇരിക്കുന്നവനും അതുപോലെ തേജസ് ധരിച്ചവനുമായ ആ തൃത്വത്തിൽ രണ്ടാമനായ കർത്താവാണ് ഇത് കിടക്കുന്നത് പക്ഷേ ആ കർത്താവിനെ തിരിച്ചറിയാൻ ആർക്കേ കഴിഞ്ഞുള്ളൂ ഇടയന്മാർക്കെ കഴിഞ്ഞുള്ളൂ അവർ ഈ രണ്ട് ലക്ഷണം വെച്ചാണ് തിരിച്ചറിഞ്ഞത് ഇന്നും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയെ തിരിച്ചറിയുന്ന വലിയ ഉന്നത പള്ളികളോ വലിയ കുപ്പായം സ്വർണ്ണ കുപ്പായം ഇട്ട അല്ലെങ്കിൽ തലപ്പാവ് വെച്ച പുരോഹിതന്മാരോ ഒന്നും വെച്ചല്ല അല്ലെ സ്വർണ്ണക്കുരിശോ അങ്ങനെയുള്ള ആർഭാടങ്ങൾ വെച്ചല്ല ഒരു പക്ഷേ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ നിന്ദയമായ നിലയിൽ കുറച്ച് പാവപ്പെട്ട ആളുകൾ മാത്രം അവിടെ കൂടുന്നു അവരുടെ ഇടയിൽ വലിയ കഴിവുള്ള ആളുകളില്ല കാരണം യേശുവിൻ്റെ ശരീരം ഇന്ന് എന്താണ് അന്ന് കർത്താവ് ജനിച്ചപ്പോൾ അവിടുത്തെ ശരീരത്തെ ചുറ്റിയിരുന്നത് നിന്നയുടെ ആവരണമാണ് ശീലകളും പശുത്തൊട്ടിയുമാണ് ഇന്നും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ആ നിലയിൽ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ നിഷ്കളങ്കമായ ഹൃദയമുള്ള ആട്ടിടയന്മാരെ പോലെയുള്ള ചുരുക്കം പേർക്ക് കർത്താവിൻ്റെ ശരീരമാണിതെന്ന് കണ്ടെത്താനായിട്ട് കഴിയും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ വലിയവനായ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് വലിയ ജയാളിയായ ഒരു സൈന്യ നായകനായിട്ടോ ധീരോദാത്താനായ ഒരു വലിയ ഒരു ഹീറോ ആയിട്ടോ അങ്ങനെയല്ല പ്രവേശിച്ചത് മനുഷ്യ ചരിത്രത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചത് നിസ്സഹായനായ ഒരു ശിശുവായിട്ടാണ് എന്ന് മാത്രമല്ല ആ ശിശുവിനെ തിരിച്ചറിയാനുള്ള അടയാളം ആയിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒട്ടും മതിപ്പില്ലാത്തതായിരുന്നു ഇന്നും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ തിരിച്ചറിയാനായിട്ടുള്ള അടയാളമെന്ന് പറയുന്നത് ലോകം വലിയതെന്ന് കരുതുന്ന വലിയ ഒത്തുങ്ക ശൃംഖങ്ങളോടുകൂടിയ വലിയ പള്ളികളോ അല്ലെങ്കിൽ വലിയ ആർഭാടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാകണമെന്നില്ല ലോകം വിലമതിക്കുന്ന കാര്യങ്ങളാകണമെന്നില്ല എന്നാൽ നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്ക് ഈ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ ഇന്നും നമുക്ക് ഹൃദയത്തിൽ ആ നിലയിൽ ഒരു താഴ്മയും നിഷ്കളങ്കതയും സത്യത്തിനായിട്ടൊരന്വേഷണവും ഉണ്ടെങ്കിൽ നമുക്കും ഈ ഇടയന്മാരെ പോലെ കർത്താവിൻ്റെ യഥാർത്ഥമാകുന്ന ശരീരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പന് പതിമൂന്നാമത്തെ വാക്യം ലൂക്കോസ് രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൂതന്മാരിങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് അവരുടെ പാട്ട് നമ്മൾ കാണുന്നത് ആ പാട്ടെന്താ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ആ പാട്ട് ഇതിന് രണ്ട് ഭാഗങ്ങളാകുള്ളത് ഈ പാട്ടിന് അതെന്താ ഒന്നാമത്തെ ഭാഗം അത്യുന്നങ്ങളിൽ തങ്ങളിൽ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം കർത്താവായ യേശു ഈ ചരിത്രത്തിലേക്ക് പ്രവേശിച്ച് താൻ ആ രക്ഷണ പ്രവർത്തിയെ പൂർത്തിയാക്കിയതിൻ്റെ ആത്യന്തികമായ ഫലം എന്താ അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇതുപോലെ ഒരു സംഭവം ലോകചരിത്രത്തിൽ വേറെ നടന്നിട്ടില്ല കർത്താവിൻ്റെ വരവും ക്രൂശീകരണവും രക്ഷണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും ഒക്കെ ദൈവത്തിന് മഹത്വം നൽകുന്നതാണ് എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നമ്മളാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ രക്ഷിക്കപ്പെട്ട സഭയുടെ ഭാഗമായിരിക്കുന്ന ദൈവപ്രസാദമുള്ള മനുഷ്യർ എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിളിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കെന്തുണ്ട് നമുക്ക് സമാധാനമുണ്ട് കണ്ടോ ദൈവത്തിൻ്റെ മഹത്വം നമുക്കെന്താ നമുക്ക് സമാധാനം കർത്താവ് ഈ വഴിയിൽ നടക്കുമ്പോൾ ഈ ലോകത്തിൽ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ അസമാധാനം സമാധാനം ഇല്ലായ്മ വലിയ ആശങ്ക ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തന്ന കർത്താവിൻ്റെ വരവിലൂടെ നമുക്ക് തന്ന ആ സമാധാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആ സമാധാനം കയ്യാളുന്നവരായിട്ട് നമ്മൾ എല്ലാ സമയത്തും ആയിരിക്കുകയും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് വന്നത് കർത്താവ് പോയപ്പോഴോ യോഹനാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തി ഏഴ് നോക്കുക കർത്താവ് പോകുമ്പോൾ പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അപ്പോൾ കർത്താവ് വന്നപ്പം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കോ ഉള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് വന്നത് പോകുമ്പോഴോ എൻ്റെ ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നിട്ട് പറയുന്നു യോഹനാൻ പതിനാല് ഇരുപത്തേഴ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കയും അരുത് കണ്ടോ അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് നാം ഇന്ന് കലങ്ങുകയും ഭ്രമിക്കുകയുമാണ് ചെയ്തതെങ്കിൽ കർത്താവ് വന്ന് നമുക്ക് തന്നേച്ച് പോയ ആ സമാധാനം നമ്മൾ വേണ്ട വിധത്തിൽ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ ഈ സമാധാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ ഈ സമാധാനം അടിസ്ഥാനപരമായിട്ടെന്തില്ല ഉള്ളത് നമുക്ക് ദൈവത്തോട് നമുക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ ഉറവിടം അല്ലാതെ ഇപ്പൊ നമുക്ക് ചില പ്രശ്നങ്ങൾ മാറിപ്പോയി അല്ലെ ചില രോഗബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കിട്ടി അങ്ങനെയുള്ള സമാധാനമല്ല അടിസ്ഥാന സമാധാനം യേശു കൊണ്ടുവന്ന അടിസ്ഥാന സമാധാനം എന്താ ദൈവത്തോടുള്ള നമ്മുടെ ശത്രുത്വം നീങ്ങി നമുക്ക് ദൈവത്തോട് സമാധാനമാണ് യേശു കൊണ്ടുവന്നത് റോമറഞ്ചിൻ്റെ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതുപോലെ തന്നെ എഫ് എസ് രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് നോക്കുക അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്താ അതായത് നമ്മൾ പാപികളെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു ന്യായ പ്രമാണം പാപികളായ നമ്മളെ മറുവശത്ത് ഈ ശത്രുത്വം കർത്താവ് നീക്കി ഈ വേർപാടിൻ്റെ നടിച്ച് വർ ഇടിച്ച് കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു സൃഷ്ടിച്ച് ക്രൂശിൽ വെച്ച് ശത്രുത്വം ഏക ശരീരത്തിൽ ദൈവത്തോട് നരപ്പിപ്പാനും തന്നെയാണ് യേശു വന്നതെന്നാണ് രണ്ടിൻ്റെ പതിനാല് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ് പ്രിയപ്പെട്ടവരെയും നമുക്ക് സമാധാനമുണ്ട് ആ സമാധാനം കേവലം ചില പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് പോലും പോകുന്നത് കൊണ്ടുള്ള സമാധാനമല്ല മറിച്ച് ദൈവത്തോട് ഒരു നിരപ്പിലേക്ക് വന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവുമായിട്ട് വ്യക്തിപരമായി നമ്മുടെ പാപങ്ങളെ വിട്ട് തിരിഞ്ഞ് എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അനുദവിച്ച് ദൈവത്തോട് സമാധാനം ഇപ്പോഴും പുലർത്തുന്നവരായി അങ്ങനെ ആയിരിക്കുന്നതാണ് കർത്താവ് നമുക്കായി തന്ന സമാധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം രണ്ടാമത് മറ്റൊരു സമാധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു റോമർ പതിനാറിൻ്റെ ഇരുപത് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ ചതച്ചു കളയും അവിടെയും ദൈവത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് കണ്ടോ സമാധാനത്തിൻ്റെ ദൈവം ആ ദൈവം എന്തു സാത്താനെ നിങ്ങളുടെ കാൽ ചതച്ചു കളയും നമ്മൾ ദൈവവുമായിട്ട് നിരന്ന് അങ്ങനെ ദൈവമക്കളായി കഴിഞ്ഞാൽ പിശാജ് എന്തു സാത്താൻ എന്തു ചെയ്യും സാത്താൻ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും അവൻ പല കാര്യങ്ങൾ പാപത്തിന്റെ പല കാര്യങ്ങൾ കൊണ്ടുവരും എന്നാൽ എന്തു ദൈവം അവിടെയും നമ്മെ സമാധാനത്തിൽ കാക്കാനായിട്ട് സാത്താനെ നമ്മുടെ തന്നെ കാൽ ചതച്ചു കളയാനായിട്ടുള്ള ക്രമീകരണം ചെയ്യും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നാ മതി പിശാചിനേടേയും തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞാ പാപത്തോട് സഖ്യത മൂന്നാമതൊരു കാര്യം നമുക്ക് മറ്റുള്ള ആളുകളുണ്ട് നമ്മൾ ഈ ഈ സത്യത്തിലേക്ക് വന്നപ്പോൾ ഒന്നാമത് ദൈവത്തോട് സമാധാനം രണ്ടാമത് പിശാചിൻ്റെ ആ നിലയിലുള്ള തന്ത്രങ്ങൾക്കെതിരെ അവനെ സാ കാൽ നമ്മൾ കൈയാളുന്ന സമാധാനമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതോ മൂന്നാമത്തേത് ഈ മനുഷ്യരോട് നമ്മുടെ സഹജീവികളോടുള്ള സമാധാനം എഫ് എസ് ആർ മൂന്ന് നോക്കുക ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും അപ്പോൾ അത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ് ദൈവത്തോടുള്ള സമാധാനമുണ്ട് പിശാചിനെ കാൽ കീഴിൽ ചതച്ചു കളഞ്ഞത് സമാധാനമുണ്ട് എന്നാൽ മറ്റു മനുഷ്യരോട് നമ്മളെന്താ സമാധാന ബന്ധത്തിൽ ആയിരിക്കണം എബ്രായർ പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഓഫീസിലെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ അയൽക്കാരോ ഒക്കെ വരാം പക്ഷേ എല്ലാവരോടും സമാധാനം ആചരിക്കുക അതാണ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സമാധാനം അടിസ്ഥാനപരമായിട്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് ദൈവത്തോട് സമാധാനം അതുപോലെ തന്നെ പിശാചിൻ്റെ പ്രവർത്തികൾക്കെതിരെ ജാഗ്രതയോടെ നിന്ന് അവനെ കാൽ കീഴേജ് അതച്ച് കളഞ്ഞ് അങ്ങനെ സമാധാനം കൈയാളുക മൂന്ന് മനുഷ്യരോട് സഹജീവികളോടെല്ലാം ഉള്ള സമാധാനം അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് തലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മളെ ഒന്ന് രണ്ട് തസ്ലോനിക്കർ മൂന്നിൻ്റെ പതിനാറ് പറയുന്നു സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം നൽകുമാറാകട്ടെ ഏ അതിൻ്റെ ഫിലിപ്പിയർ നാലിൻ്റെ ഏഴ് നോക്കുക സകല കവിയുന്ന ദൈവസമാധാനം അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും റോമർ പതിനഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് നോക്കുക സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നമുക്ക് സമാധാനമുണ്ട് ആ സമാധാനം ഒന്നാമത് ദൈവവുമായിട്ട് നിരന്നുണ്ടാകുന്ന സമാധാനമാണ് രണ്ട് പിശാചിനെക്കാൽ കീഴെ തോൽപ്പിച്ച് കളയുന്നത് മൂലമുള്ള സമാധാനം മൂന്ന് മറ്റ് മനുഷ്യജീവികളോട് സഹജീവികളോടുള്ള ബന്ധത്തിൽ ഐക്യത സൂക്ഷിക്കുന്നത് മൂലം സമാധാനം ആചരിക്കുന്നത് മൂലം നമ്മൾ കൈയാളുന്ന സമാധാനം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാലും കർത്താവ് എന്തോ ചെയ്യും കർത്താവ് നമുക്ക് വേണ്ടി അവിടുന്ന് രംഗത്ത് വരികയും നമ്മുടെ പ്രയാസങ്ങളെ മാറ്റി അല്ലെങ്കിൽ ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ഒരു ദിവ്യമായ സമാധാനം നൽകുകയും ചെയ്യും യോഹന്നൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ പത്തൊൻപത് നോക്കുക അവിടെ എന്താ പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കേശു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു നമ്മുടെ പേടിയുടെ സന്ദർഭങ്ങളിൽ നമുക്ക് സമാധാനം തരുന്നതാണ് കർത്താവ് യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് നോക്കുക നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നൽകാനായിട്ടാണ് കർത്താവ് വന്നത് ആ സമാധാനം എല്ലാ തലങ്ങളിലും നമ്മൾ കയ്യാളുന്നവരായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് കഷ്ടങ്ങളൊക്കെയുണ്ട് അതിൻ്റെ ഒക്കെ മധ്യത്തിലും നമുക്ക് ദൈവം സമാധാനമായിട്ടായിരിക്കും പ്രശ്നങ്ങളെല്ലാം മാറ്റി തന്നുകൊണ്ടല്ല നമ്മളെ ചിലപ്പോൾ സമാധാനത്തെ കൊണ്ടുപോകുന്നത് പക്ഷേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അതിൻ്റെ മധ്യത്തിലും ധൈര്യപ്പെടാനും സമാധാനത്തിലായിരിപ്പാനും ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് ഈ ദൂതന്മാരുടെ പാട്ട് സ്വർഗീയ സൈന്യങ്ങളുടെ പാട്ട് നമുക്കും ചേർന്ന് പാടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം യുക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മറിയ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ അവിടെ യരിശിനെ ദേവാലയത്തിൽ ചെന്ന് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് അർപ്പിപ്പാനായി ഒരിണ കുറുപ്രാവിനെയോ രണ്ട് പ്രാ കുഞ്ഞുങ്ങനെയോ യാഗം കഴിപ്പാനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ടിൻ്റെ ഇരുപത്തിനാല് ആ രണ്ടിൻ്റെ ഇരുപത്തിനാലിനെ ലേവിയാ പുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ടിനോട് ചേർത്ത് വായിച്ചാൽ അവളെ യാഗത്തിനായിട്ട് ഒരിണക്കുറുപ്രാവിനേയും രണ്ട് പ്രാക്കുഞ്ഞിനെയും കൊണ്ടുപോയത് ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ള കാര്യം ലേവിയ പുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ടിനോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ വളരെ ലളിതമായ ഒരു യാഗം കഴിപ്പാനായിട്ട് മറിയേം ഒക്കെ കൂടെ ദേവാലയത്തിൽ ചെല്ലുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഷിമിയോൻ എന്ന് പറഞ്ഞ് ഒരാൾ ഉണ്ടായിരുന്നു അവൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു അവന് കർത്താവിനെ കാണുന്നതിനു മുമ്പ് മരണമുണ്ടാകുകയില്ല എന്ന ഒരു അരുളപ്പാട് ലഭിച്ചവനായിരുന്നു അവൻ എന്തു ചെയ്തു ഷിമിയോന് ഈ മറിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഷിമിയോൻ്റെ പാട്ട് നമ്മളവിടെ കാണുന്നു എന്നിട്ട് അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന പറഞ്ഞു എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ക്രിസ്തു അവിടുന്ന് എവിടെ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏത് സദസ്സി ചെന്നപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യ തന്നെ അനേകരുടെ ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടാനിടയായി ചിലർ ചിലർക്കെന്ത് പറ്റിയത് ചിലർക്ക് അവരുടെ എഴുന്നേൽപ്പിന് മുഖാന്തരമായി അവരുടെ നന്മയ്ക്ക് മുഖാന്തരമായി വേറെ ചിലർക്ക് അവരുടെ വീഴ്ചയ്ക്ക് ഹേതുവായി മറ്റ് ചിലർക്ക് അവർക്ക് മറുത്തു അവരുടെ ഹൃദയവിചാരങ്ങളെ വെളിപ്പെടാനായിട്ട് ഇടയായി ചുരുക്കത്തിൽ കർത്താവ് ചെന്നിടത്തൊക്കെയും അവിടുന്ന് വെറുതെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോരുകയായിരുന്നില്ല കർത്താവ് ഒരിടത്ത് ചെന്നു ഒരു ആളെ സൗഖ്യമാക്കി ഉടനെ തന്നെ പരീഷന്മാരും ശാസ്ത്രിമാരും ഓ ഇവൻ ഇത് ആ ആ നിലയിൽ ശവത്ത് നാളിലാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ നിലയിലുള്ള കയ്പ്പും പകയും ഒക്കെ പുറത്തു വരാനിടയായി അതേസമയം മറ്റു ചിലർ ഉണ്ടായ രോഗസൗഖ്യത്തിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കണ്ടോ അപ്പൊ ഒരു സംഭവം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് എവിടെ ചെന്നോ അവിടെയെല്ലാം അവിടെ എന്ത് കർത്താവ് എന്തുണ്ടാക്കി അവിടെയെല്ലാം പല നിലയിൽ ആളുകളെ പെരുമാറാൻ പ്രേരിപ്പിച്ചു അല്ലാതെ കർത്താവ് ചെന്ന് ഒരു നിഷ്പക്ഷമായിട്ട് ഒരു ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അങ്ങ് പോവുകയായിരുന്നില്ല ഇന്ന് ദൈവസഭയും അങ്ങനെയാണ് ഇന്ന് കർത്താവ് അക്ഷരീകമായിട്ട് ഒരു സമൂഹത്തിൽ ചെല്ലുന്നില്ല പക്ഷെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇന്ന് സമൂഹത്തിൽ പലയിടത്ത് ചെല്ലുമ്പോൾ അത് അതെന്ത് സംഭവിക്കും അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് അത് മുഖാന്തരമായി തീരും ആ കർത്താവ് എന്നാൽ എല്ലാവരുടെയും ദാസനായിരുന്നു യഥാർത്ഥത്തിൽ ദൈവസഭയിൽ ഉള്ളവരും എല്ലാവരുടെയും ദാസനാണ് നമ്മളായിട്ട് ആ നിലയിൽ എന്തെങ്കിലും ആളുകളെ പ്രകോപിപ്പിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും നമ്മളെടുത്തിരിക്കുന്ന നിലപാട് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഈ സത്യങ്ങൾ അനേകരെ എന്തു ചെയ്യും ചൊടിപ്പിക്കും ചിലരെ അത് വീഴ്ചയ്ക്ക് ഹേതുവാക്കും ഇതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഈ ദൈവിക സത്യങ്ങളെ വിമർശിക്കാനും അങ്ങനെ അവരുടെ തന്നെ ആത്മീയമായ വീഴ്ചയ്ക്ക് ഹേതുവാകും എന്നാൽ മറ്റു ചില നിഷ്കളങ്കരായ ആളുകൾ സത്യാന്വേഷികളായ ആളുകൾ അവരുടെ എഴുന്നേൽപ്പിന് ഇടയാക്കും എന്ന് മാത്രമല്ല മറ്റു പലരുടെ മറുത്തു പറയുന്ന ഒരു അടയാളത്തിനുമായിട്ടാണ് യഥാർത്ഥത്തിലെ ദൈവസഭയെ കർത്താവിൻ്റെ ശരീരത്തെ ഇന്ന് വെച്ചേക്കുന്നത് ആ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാൽ നമ്മുടെ ആ സാന്നിധ്യം ആ രംഗത്തെ നമ്മൾ നമ്മളെത്തുമ്പോൾ എന്തുപറ്റും ചിലരെ മറുത്തു പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നു അതായത് യേശു നേരിട്ട എതിർപ്പുകൾ നമുക്കും നേരിടേണ്ടി വരും പരീഷന്മാരെ പോലുള്ള മത നേതാക്കളായിരിക്കും നമുക്കെതിരെ നിൽക്കുക എന്നാൽ അവർ നമ്മളെ എതിർക്കുന്നതിലൂടെ അവരുടെ ഹൃദയത്തിലെ ചിന്തകളാണ് വെളിപ്പെട്ടു വരുന്നത് മുപ്പത്തഞ്ചാം വാക്യം നോക്കുക യേശുവിൻ്റെ ശുശ്രൂഷ അവരുടെ അസൂയ മുഴുവൻ വെളിപ്പെടുത്തിയതുപോലെ ഇന്നും യഥാർത്ഥ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് അനേകർ വലിയ അസൂയ ഉണ്ടാക്കുകയും അത് മറുത്തു പറയുന്ന ഒരു അടയാളം പോലെ അത് പുറത്തു വരികയും ചെയ്യും എന്ന കാര്യം നമ്മൾ കണ്ടിരിക്കണം നമ്മളെ മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇവിടെ ഇതാ പലർക്ക് പല കാര്യങ്ങൾ സംഭവിക്കുന്നു അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുന്നു പലർ വീഴുന്നു പലരെഴുന്നേൽക്കുന്നു എന്ന മറിയെ സംബന്ധിച്ചോ അവളുടെ സ്വന്ത പ്രാണലിലൂടെയും ഒരു വാൾ കടക്കും ഈ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളമോ സ്വന്ത പ്രാണലിലൂടെ ഒരു വാൾ കടക്കും എന്ന് മറിയോട് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം കൊണ്ട് നടക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത് എന്ന് ഈ ഭാഗത്തോട് ചേർത്ത് നമുക്ക് പറയാം നമ്മൾ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പലരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഒക്കെ മുഖാന്തരമായി എന്ന് പറഞ്ഞതുപോലെ ഇന്നും യഥാർത്ഥ ദൈവസഭ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ പലരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായിട്ടാണ് സമൂഹത്തിൽ വച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ദൈവഹിതപ്രകാരമായ ഒരു ദുഃഖം നമ്മളും കൊണ്ടു നടക്കാനായിട്ടും നമുക്കും ഒരു വിളിയുണ്ട് എന്ന് ഈ ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഒന്ന് കോരിന്തേർ നാലിൻ്റെ അഞ്ച് നോക്കുക ഒന്ന് കോരിന്തേർ നാലിൻ്റെ അഞ്ചിൽ അവിടെയും അനേക ആലോചനകളെ ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ അത് വെളിപ്പെട്ട് വരും എന്നുള്ള കാര്യം അവിടെയും വ്യക്തമാകും നമുക്ക് വേഗത്തിൽ മറ്റൊരു കാര്യം കൂടെ നോക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം ഈ രണ്ടാം അധ്യായത്തിൽ പിന്നീട് കർത്താവിനെ കാണുന്നു അവിടുന്ന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് പോലെ പെരുന്നാളിന് പോയി പെരുന്നാളിന് പോയി അപ്പനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് അവർ ഒരു ദിവസത്തെ വഴി തിരിച്ചു പോരുമ്പോഴാണ് എന്ത് കണ്ടത് കർത്താവ് കൂടെ ഇല്ല എന്ന് കണ്ടത് പിന്നെ അവർ തിരിച്ചുപോയി മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം നാൽപ്പത്തിയാറാം വാക്യം നോക്കുക മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം യേശു പന്ത്രണ്ട് വയസ്സുള്ള യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു ഉപദേശം കേൾക്കുന്നു അവരോട് ചോദിക്കുന്നു ഇതെല്ലാം കാണുന്നു നമ്മൾ പലപ്പോഴും ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ അപ്പനും അമ്മയും എരുശിലേമിൽ നിന്ന് പോയല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തി ചിന്തിക്കും എന്നാൽ അന്നത്തെ രീതി ഈ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ മിക്കവാറും ഒരു വലിയ കച്ചവട സംഘത്തോടൊപ്പമാണ് തിരിച്ച് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഈ യോസഫും അറിയുമൊക്കെ യാത്ര ചെയ്തപ്പോൾ യേശു തൻ്റെ സമപ്രായക്കാരുമായിട്ട് ഇങ്ങനെയുള്ള ഈ കച്ചവട സംഘത്തിലെ മറ്റു കുടുംബാംഗങ്ങളുടെ കൂടുള്ള കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് നടന്നു വരികയായിരുന്നു എന്നവരങ്ങ് ഊഹിച്ചു പോയി ഊഹിച്ചതിന് നമുക്കവരെ അന്നത്തെ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അവരങ്ങനെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു മൂന്ന് ദിവസം അവർക്ക് നഷ്ടപ്പെട്ടു ഒരു ദിവസത്തെ വഴി പോയി അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് തുടർന്ന് മൂന്നാം ദിവസമാണ് യേശുവിനെ കണ്ടെത്തുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെടുക്കാവുന്ന ഒരു പാഠം ജോസഫിനെയും അറിയേം നമ്മൾ കുറ്റപ്പെടുത്തണ്ട അതിനു നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റു പറയാത്ത ഏതെങ്കിലും പാപത്തിൻ്റെ ഫലവുമായി യേശുവുമായുള്ള ബന്ധം നമുക്ക് ചിലപ്പോൾ നഷ്ടമായി പോയെന്നിരിക്കാം എന്നാൽ അങ്ങനെ നഷ്ടപ്പെട്ടത് അറിയാതെ നമുക്കെന്ത് സംഭവിക്കാം യേശു നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന ഒരു ധാരണയോടെ നമുക്ക് മീറ്റിങ്ങുകളും നമ്മുടെ പ്രോഗ്രാമുകളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യമാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഈ ജോസഫിനും അറിയുകയും യേശു കൂടെ ഇല്ല എന്നുള്ളത് വൈകിയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും കർത്താവിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് ഏറ്റു പറയാതിരുന്നാൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടമായി പോകും പക്ഷെ ആ ബന്ധം നഷ്ടമായി എന്നറിയാതെ യേശു നമ്മുടെ കൂട്ടത്തിൽ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എവിടെങ്കിലും വെച്ച് കർത്താവ് നമ്മുടെ കൂടില്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്തോ വേണം ആ ജോസഫും അറിയുകയും ചെയ്തുപോലെ തിരിച്ചു പോകണം എവിടെ വച്ചാണോ ആ കൂട്ടായ്മ തകർന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് നാം മടങ്ങിപ്പോകണം എന്നിട്ട് നമ്മുടെ കുറ്റമേറ്റു പറഞ്ഞ് നമ്മുടെ പാവത്തെ ഉപേക്ഷിച്ച് കർത്താവുമായിട്ട് വീണ്ടും കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ കർത്താവിനെ കൂട്ടി വേണം വരാൻ ഇതാണ് ഈ ജോസഫിനും അറിയിക്കും സംഭവിച്ച ഈ കാര്യത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു പാഠം നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരോടും ഒപ്പം അങ്ങ് നടന്നു പോകുമ്പോ കർത്താവ് കൂടുണ്ടെന്ന് നമ്മൾ ചിലപ്പോ അങ്ങ് ധരിച്ചു പോകും പക്ഷെ ഏതെങ്കിലും ഏറ്റുപറയാത്ത ഒരു പാപത്തിന്റെ പേരിൽ യേശുവുമായുള്ള ബന്ധം നമുക്ക് വാസ്തവത്തിൽ നഷ്ടമായിട്ടുണ്ടോ യേശു നമ്മുടെ കൂട്ടത്തിൽ എന്ന ധാരണ ശരിയാണോ യേശുവിൻ നമ്മുടെ കൂട്ടത്തിൽ എന്ന് മനസ്സിലാക്കിയാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് നമ്മൾ നമ്മുടെ കൂട്ടായ്മ തകർന്ന ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ വെച്ച് കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് കർത്താവുമായിട്ട് വീണ്ടും കൂട്ടായ്മ ഉണ്ടാക്കി കർത്താവിനെ കൂട്ടിക്കൊണ്ടു വേണം നമ്മൾ ഈ യാത്ര തുടരാൻ ഇല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർത്തുകളെയും അതുകൊണ്ട് ഈ ജോസഫിനും അറിയിക്കും സംഭവിച്ച ഈ കാര്യം നമുക്കൊരു പാഠമായിട്ടെടുക്കാം കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം